എപ്പോഴും വേറെ സ്നേഹിച്ചു വന്നു തൈക്കും ചർച്ച ചെയ്തത് പ്രധാനമായും രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഒന്ന് ന വിഭേദി കുത്തശ്ചന ആത്മജ്ഞാനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞു ഒന്നിനെയും ഭയക്കുന്നില്ല ഭാഷകാലൻ പറഞ്ഞു ഒന്നും ഭയമില്ല മറ്റൊന്നും ഭയത്തിന് നിമിത്തങ്ങളുമില്ല എന്ന് പറഞ്ഞു ഭയമില്ലെന്നോ അല്ലെങ്കിൽ ഭയത്തിന് നിമിത്തമില്ലെന്നോ പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത് ചർച്ച ചെയ്യുന്നത് അപ്രാപ്യ മനസ്സാ സഹ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത് എത്തോ വാച്ചോ ഇതു കൊടുത്തേ അപ്രാപ്യ മനസ്സാസഭ വാക്കും മനസ്സും പിൻവലിയുന്നു മനസ്സും പിൻവലിയുന്നു അപ്പോൾ രണ്ടാമത്തെ ഭാഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ വിഷയത്തെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം പലരും പറഞ്ഞു പരിപാടി ഗംഭീരമായിരുന്നു എന്താ പരിപാടി എന്ന് പരിപാടി ഉഗ്രമായിരുന്നു പക്ഷേ എന്താ പരിപാടി അതറിയില്ല ചുരുക്കത്തിൽ ഞാൻ രാവിലെ ഒൻപത് ഒന്നര മണിക്കൂർ കണ്ടക്ട് ഷോ നടത്തിയത് വരദ്ധം അതുകൊണ്ട് ആ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അത് അപ്രാപ്യ മനസ്സഹ തിന് എന്തെങ്കിലൊരു പ്രയോജനം വേണോ മനസ്സിലാകാത്തതെല്ലാം കേമമെന്ന് പറയുന്നവരാണ് മുമ്പേ ഇരിക്കുന്നതെങ്കിൽ ഞാനും കേമനാകും എൻ്റെ പറസിനും കേമമാകും പക്ഷെ വിശേഷതയൊന്നും അതുകൊണ്ട് ആ കാര്യമൊന്നും കൂടെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്താണ് അപ്രാപ്യം മനസ്സാസ അതായത് ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിന്റെ അനുഭവം വേണം അതാണ് ഇതെല്ലാം ആത്മാവിന്റെ അനുഭവത്തിന് വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആത്മാനുഭവം അപ്പൊ ആത്മാനുഭവത്തെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ അനുഭവിക്കുന്നു പുസ്തകം അറിവിന് വിഷയമാണ് എൻ്റെ എല്ലാ രൂപഭാവങ്ങളോടും കൂടി ഞാനിതിനെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു ഇതുപോലെ ആത്മാവ് തൻ്റെ സ്വരൂപത്തെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു അങ്ങനെ അനുഭവിച്ച എങ്ങനെയായിരിക്കും ചിലർ പറയുന്നത് അതിനനുഭവിക്കുന്നത് ജ്ഞാനമായിട്ടാണോ ചിലർ പറയും അല്ലാതെ ഉണ്മയായി സത്തായി അനുഭവിക്കുന്നു മറ്റ് ചിലരിടത്ത് പറയും അത് ആനന്ദമായി അനുഭവിക്കുന്നു സർവത്ര നമ്മുടെ സങ്കല്പം എന്താണ് നമ്മുടെ ബുദ്ധിക്ക് വിഷയമായി അതിനനുഭവിക്കുന്നു പക്ഷെ ഇവിടെ ശ്രുതി എന്ന് പറഞ്ഞു മനസ്സാ സഹ മനസ്സ് പിൻവാങ്ങുന്നു മനസ്സിനർത്ഥമെന്ന് പറഞ്ഞു ഭാഷകാരൻ ബുദ്ധി മനസ്സ് ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അത് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ധാരണ ശരികൾ നമ്മുടെ ബുദ്ധിക്ക് അതിനെ അനുഭവിക്കാൻ കഴിയില്ല അതിനനുഭവമെന്നോ അനുഭൂതിയെന്നോ എന്ത് വേണോ പറയും അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരും എന്നാൽ പിന്നെ എന്തായി ബ്രഹ്മജ്ഞാനം അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രയോജനം എന്താ അനുഭവിക്കുന്ന ഒരു ജ്ഞാനമില്ലെങ്കിൽ ഞാനത് വേറെ രീതി പറയുകയാണ് ഇപ്പോ ബ്രഹ്മത്തെ അനുഭവിക്കുന്ന ഒരു ജ്ഞാനമില്ലെങ്കിൽ പിന്നെന്താ ബ്രഹ്മജ്ഞാനം ഇപ്പൊ ബ്രഹ്മജ്ഞാനം എന്താണ് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് അതിനെ ശ്രുതി അല്ലെങ്കിൽ ഗുരു ഒരാളെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ജ്ഞാനം അതുതന്നെയാണ് ബ്രഹ്മജ്ഞാനം പുസ്തകജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ കണ്ണുകൊണ്ട് പുസ്തകത്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം ശരി കണ്ണുകൊണ്ട് പുസ്തകത്തെ കണ്ടില്ല ഒരാൾ പറഞ്ഞു മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിപ്പുണ്ട് അപ്പോഴും പുസ്തകത്തെ കുറിച്ചുള്ള ഞാനും ഉണ്ടാകുന്നുണ്ടല്ലോ നേരിട്ട് കണ്ടപ്പോഴും പുസ്തകത്തെ കുറിച്ചുള്ള ഞാനുണ്ടായി ഈ രണ്ട് ഞാനും തുമ്പില എന്താ വ്യത്യാസം നമ്മൾ പറയും ഒന്ന് പ്രത്യക്ഷമായി ഞാനും മറ്റൊന്ന് പരോക്ഷമായി ഞാനും അത് നമ്മൾ സാധാരണ പറയും അല്ലെങ്കിൽ ഒന്ന് അപരോക്ഷമായ ഞാനും രണ്ടും പറയാം ശബ്ദത്തിന് വ്യത്യാസം പുസ്തകത്തെ നേരിട്ട് കണ്ടപ്പോ ഉണ്ടായ ഞാനും അപരോക്ഷമായ ഞാനും ഒരാൾ പുസ്തകം മേശപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിലുണ്ടായ ഞാനും പരോക്ഷമായ ഞാനും എന്ന് നമ്മൾ സാധാരണ പറയും എന്തുകൊണ്ടങ്ങനെ പറയുന്നു അങ്ങനെ പറയാൻ കാരണം കാരണം ഒരിടത്ത് പുസ്തകത്തെ കണ്ണുകൊണ്ട് കാണും കണ്ടിട്ട് ഇത് പുസ്തകമാണെന്നും അറിവുണ്ടാവും അതിനുവേണ്ടി നമ്മൾ അപരോക്ഷമെന്നോ അല്ലെങ്കിൽ പ്രത്യക്ഷമെന്നോ പറയുന്നു തൽക്കാലം രണ്ട് ശബ്ദം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടറിഞ്ഞാനം അതിനെ നമ്മൾ പറയുന്നത് അത് പരോക്ഷ ജ്ഞാനമാണ് പരോക്ഷമെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമല്ല എന്നെടുത്താൽ മതി അറിവുണ്ടായി പക്ഷെ അതിന് പരോക്ഷം ഞാൻ ഒന്നു പറയും ഈ രണ്ട് ജ്ഞാനത്തെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നിന് പരോക്ഷം എന്ന് പറഞ്ഞത് ആ ജ്ഞാനം പരോക്ഷമായതുകൊണ്ടല്ല ജ്ഞാനത്തിന് ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയില്ല ജ്ഞാനം എപ്പോഴും അപരോക്ഷമാണ് പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോഴും ഞാനുണ്ടായി പുസ്തകത്തെ നേരിട്ട് കാണുമ്പോഴും ഞാനുണ്ടായി ഒന്നിന് നമ്മൾ പരോക്ഷം ഞാനൊന്നും എന്തുകൊണ്ട് പറയുന്നു അവിടെ നമ്മൾ പുസ്തകത്തെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനത്തിൻ്റെ വിഷയം പരോക്ഷമായിരിക്കാം അതുകൊണ്ട് നമ്മൾ പറയും ചിന്തിക്കാതെ അത് പരോക്ഷജ്ഞാനമാണ് പരോക്ഷജ്ഞാനത്തിന്റെ അർത്ഥം എന്താണ് പരോക്ഷ വിഷയക ജ്ഞാനം പരോക്ഷമായ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം നേരിട്ട് കാണുമ്പോഴോ വിഷയം അപരോക്ഷമായി പ്രത്യക്ഷമായി അവിടെ നമ്മൾ പറയുന്നത് എന്താണോ ജ്ഞാനം അപരോക്ഷമാണ് അല്ലെങ്കിൽ പ്രത്യക്ഷമാണ് അത് ശരിയാണ് പക്ഷേ മറുസ്ഥലത്ത് ശരിയല്ല മനുഷ്യത്ത് നമ്മൾ ജ്ഞാനം പരോക്ഷമെന്ന് പറഞ്ഞ ശരിയല്ല അവിടെ എന്താണ് പരോക്ഷമായത് വിഷയമാണ് ജ്ഞാനമല്ല എന്തുകൊണ്ട് അവിടെയും ജ്ഞാനമുണ്ട് ഇവിടെയും ജ്ഞാനമുണ്ട് ഞാൻ രണ്ടിടത്തും ഒരുപോലെയാണ് അവിടെയും നമ്മൾ പുസ്തകത്തെ അറിഞ്ഞു ഇവിടെയും പുസ്തകത്തെ അറിയുന്നു രണ്ടിടത്തും എന്തിനെക്കുറിച്ചുള്ള ഞാനും പുസ്തകത്തെക്കുറിച്ചുള്ള ഞാനും അതുകൊണ്ട് ജ്ഞാനം രണ്ട് സ്ഥലത്ത് കൊണ്ടു രണ്ടിടത്തും ജ്ഞാനം അപരോക്ഷമാണ് അല്ലെങ്കിൽ പ്രത്യക്ഷമാണ് പക്ഷെ ഒരു സ്ഥലത്ത് പുസ്തകം പ്രത്യക്ഷമാണ് ഒരു സ്ഥലത്ത് പുസ്തകം പ്രത്യക്ഷമാണ് രണ്ട് ജ്ഞാനവും ഒരുപോലെയാണോ അല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പ്രത്യക്ഷമായി കാണുന്നു പ്രത്യക്ഷമായി കാണുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ പറഞ്ഞു നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചിരിക്കുന്നു പുസ്തകത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ മാറി എല്ലാം മാറി അവിടെ ജ്ഞാനത്തോടൊപ്പം മറ്റൊന്നുമില്ല ജ്ഞാനത്തോടൊപ്പം സംശയമോ അജ്ഞാനമോ ഇല്ല പക്ഷെ പുസ്തകത്തെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ അവിടെ ജ്ഞാനത്തോടൊപ്പം പല സംശയങ്ങളും ഉണ്ടായിരുന്നു അജ്ഞാനവും ഉണ്ടാവാം ഭ്രാന്തി ഉണ്ടാവുക അവിടെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം പ്രത്യക്ഷമാണെങ്കിലും അതോടൊപ്പം അജ്ഞാന സംശയ വിപര്യങ്ങൾ ഉണ്ടായി ഇവിടെ പുസ്തകത്തെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ ആ അജ്ഞാന സംശയ വിപര്യങ്ങൾ മാറി നമുക്ക് ഇപ്പോൾ മാത്രമേ പറയാൻ ധൈര്യമുള്ളൂ എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടായിരുന്നു മറ്റു കേട്ട സമയത്തുള്ള ആ ജ്ഞാനത്തെക്കുറിച്ച് എനിക്ക് പറയാൻ ധൈര്യമില്ല എന്തുകൊണ്ട് അവിടെ എനിക്ക് സംശയം അജ്ഞാനം എല്ലാം ഉണ്ട് എന്നാലും ആ ജ്ഞാനത്തെ എന്തുകൊണ്ട് അപരോക്ഷം എന്ന് പറയുന്നു കാരണം ഒരു ജ്ഞാനം ഉള്ളിലുണ്ടാകുക അത് മറിഞ്ഞിരിക്കുക അത് സാധ്യമല്ല ജ്ഞാനം ഉണ്ടായാൽ അതിന് മറയാനിടമില്ല അത് സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും വിഷയം മറയാം വിഷയം വെളിപ്പെടാതിരിക്കാം വെളിപ്പെടാം പക്ഷെ ജ്ഞാനം അങ്ങനായിരുന്നു അതുകൊണ്ട് ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഏതുപോലെ വെളിച്ചം പ്രകാശിക്കുന്നു പ്രകാശിച്ചാൽ അതിന് പിന്നെ ഇരുളായിരിക്കാൻ കഴിയില്ല പ്രകാശിക്കുന്നത് വരെ അവിടെ ഇരളായിരുന്നു പ്രകാശിച്ചു കഴിഞ്ഞാൽ വെളിച്ചം വെളിച്ചമായി തന്നെ ഇരിക്കുന്നു അതിന് രണ്ട് രൂപമില്ല വെളിച്ചത്തിന് ഇരളന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട് ഒരു പദാർത്ഥമുണ്ട് പക്ഷെ വെളിച്ചത്തിന് സ്വയം രണ്ടായിരിക്കാൻ പറ്റില്ല വെളിച്ചത്തിന് എപ്പോഴും ഇരിക്കാൻ പറ്റും അതുകൊണ്ടാണ് വെളിച്ചത്തിനും മറ്റൊരു വെളിച്ചത്തിന്റെ സഹായം ആവശ്യമുണ്ടാകുന്നത് അതുപോലെ ജ്ഞാനത്തിനും സദാ ജ്ഞാനമായിരിക്കാനേ പറ്റും ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ് അപരോക്ഷത അതുകൊണ്ട് ജ്ഞാനത്തിനൊരിക്കലും പരോക്ഷമാകാൻ കഴിയില്ല അതാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മൾ പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് വിഷയത്തിന്റെ പരോക്ഷത അപരോക്ഷതയെ കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തോടൊപ്പം സംശയവിപര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആ ജ്ഞാനത്തെ പരോക്ഷം എന്ന് പറയുന്നു പക്ഷെ ജ്ഞാനം പരോക്ഷമല്ല അത് അപരോക്ഷമാണ് ഇനി ആത്മജ്ഞാനത്തിലേക്ക് വരാം നമ്മൾ പരാതിപ്പെടുന്നത് എന്താണ് ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല അതാണ് നമ്മളെ പരാതി എന്തൊക്കെ ചെയ്തിട്ടും ആത്മാനുഭവം ഉണ്ടാകുന്നില്ല അതിനെന്ത് വേണം ആത്മജ്ഞാനം വേണം ആത്മജ്ഞാനം കൊണ്ട് ആത്മാവിന്റെ അനുഭവം ഉണ്ടാകണം അതാണ് നമ്മൾ പക്ഷെ ഇവിടെ ശ്രുതി എന്ത് പറയുന്നു ജ്ഞാനം അവിടെ പ്രവർത്തിക്കുന്നില്ല ആത്മാവിനെ വിഷയമാക്കാൻ ജ്ഞാനത്തിന് കഴിയുന്നില്ല അതിന്റെ ആവശ്യമില്ല അത് ലഘുവായി മനസ്സിലാക്കാൻ എന്താണ് വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ വെളിച്ചത്തിന്റെ ആവശ്യമില്ല സൂര്യനെ പ്രകാശിപ്പിക്കാൻ മെഴുകുതിരി വെളിച്ചത്തിന്റെ ആവശ്യമില്ല പിന്നെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നതിനൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല അത് സ്വയം പ്രകാശിക്കുന്നതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നൂറ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ആ ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല പുസ്തകം അങ്ങനെയല്ല ജ്ഞാനത്തിന് വിഷയമാകുന്നു അതുകൊണ്ട് നമുക്ക് പറയാം എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള പ്രത്യക്ഷമായി ഞാനുണ്ടായി എന്ന് നമുക്ക് പറയാം ഇത് വിഷയമാകുന്നുണ്ട് പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല പുസ്തകം ഒരിക്കൽ അപ്രത്യക്ഷമായിരുന്നു കിട്ടീട് പ്രത്യക്ഷമായി ഇനി വീണ്ടും ഇത് അപ്രത്യക്ഷമാകും ആത്മാവ് അങ്ങനെയല്ല നിത്യ അപരോക്ഷം അത് ജാഗ്രത സ്വപ്ന സുഷൃതികളിൽ സാക്ഷാത് അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് അതിനെ അതിന്റെ അനുഭവത്തിന് അതിനെ പ്രകാശിപ്പിക്കാൻ ഇവിടെ മറ്റൊന്നുമില്ല ബ്രഹ്മത്തെക്കുറിച്ചുള്ള അപരോക്ഷമായ ഞാനൊന്നും ബ്രഹ്മത്തെക്കുറിച്ചുള്ള പരോക്ഷമായ ഞാനൊന്നും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ കേട്ടിരിക്കുന്നതൊക്കെ ശരിയതന്നെയാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അപരോക്ഷമായ ഞാനും ബ്രഹ്മത്തെക്കുറിച്ചുള്ള പരോക്ഷമായ ജ്ഞാനം എന്നെല്ലാം കേട്ടിരിക്കുന്നത് ശരിയാണ് അതിന്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നിടത്താണ് ആശയക്കുഴപ്പം വന്നിരിക്കുന്നത് ബ്രഹ്മം ആത്മാവ് ജ്ഞാനത്തിന് വിഷയമല്ലെങ്കിൽ പിന്നെ ഈ ബ്രഹ്മജ്ഞാനം എന്താ എന്താ അതിന്റെ പ്രയോജനം ബ്രഹ്മജ്ഞാനമല്ല എന്ന് പറഞ്ഞു എല്ലാ ജ്ഞാനവും അപരോക്ഷമാണ് ഒരു ജ്ഞാനവും പരോക്ഷമല്ല അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം വെളിച്ചത്തിന് ഇരുട്ടായിരിക്കാൻ കഴിയില്ല എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമായാലും ശരി ബ്രഹ്മത്തെക്കുറിച്ചും ശ്രുതി ബോധിപ്പിക്കുന്നു ശ്രുതി എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത് തത്വമസി അത് നിന്റെ സ്വരൂപമാണ് അത് മനസ്സിലായെങ്കിൽ അതിനെ വിശദീകരിച്ച് ബോധിപ്പിക്കും എന്താണ് എൻ്റെ സ്വരൂപം ഞാൻ ശരീരമാണെന്ന് ധരിക്കുന്നു അല്ലെങ്കിൽ മനസ്സെന്ന് ധരിക്കുന്നു പറയുന്നു അല്ല ശരീരമല്ല മനസ്സല്ല അതിനപ്പുറമുള്ളതാണ് അതെന്താണ് അത് നിത്യമാണ് ആത്മാവിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു അത് ശ്രവിക്കുന്നവന് പലതരത്തിലുള്ള ജ്ഞാനമാണ് ഉണ്ടാകുന്നത് ജ്ഞാനവും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് പലതരത്തിൽ എങ്ങനെയാണ് പുസ്തകത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾക്കാർക്ക് എല്ലാവർക്കും പുസ്തക ജ്ഞാനം ഉണ്ടായി പക്ഷെ ഒരുപോലല്ല പലതരത്തിലുള്ള ജ്ഞാനം ഉണ്ടായി പക്ഷെ അവിടെ ജ്ഞാനും ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയത്തില്ല നിന്റെ സ്വരൂപം സ്വച്ഛാനന്ദമാണ് എന്ന് കേട്ടപ്പോ താൻ തന്നെയാണ് വേറെ ധരിച്ചില്ല എന്റെ സ്വരൂപം സ്വച്ഛാനന്ദമാണോ പക്ഷെ അവിടെ പോരായ്മകളുണ്ട് എന്റെ സ്വരൂപം സച്ചിതാനന്ദമാണെന്ന് ഞാൻ അറിഞ്ഞ എന്റെ ആ ജ്ഞാനം അതെനിക്ക് ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു അനുഭവിക്കുന്നു എന്താണോ അതിൽ എനിക്ക് സംശയങ്ങൾ വരുന്നു അതെങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ അതിൽ വിഭ്രാന്തി വരുന്നു എങ്ങനെയാണോ ്രഹ്മാനുഭവം അനുഭൂതി എന്നെല്ലാം കേൾക്കുമ്പോൾ വരുന്നു വിഭ്രാന്തി അതുപോലെ ഇതിനും വരുന്നു വിഭ്രാന്തി ആത്മാനുഭവത്തെ സംബന്ധിച്ച് അപ്പൊ ശ്രുതി അല്ലെങ്കിൽ ഗുരു ബോധിപ്പിച്ചപ്പോ തനിക്കുണ്ടായ ജ്ഞാനം അതോടൊപ്പം തന്നെ തന്നെ അജ്ഞാന സംശയങ്ങൾ തുടരുന്നു അപ്പൊ ജ്ഞാനം അവിടെ അപരോക്ഷമായി തന്നെ എന്തുകൊണ്ടത് സ്വയം പ്രകാശിക്കുന്നു എന്നാണ് അതിന് പരോക്ഷമാകാൻ കഴിയത്തില്ല പക്ഷെ അജ്ഞാന സംശയങ്ങൾ ഒപ്പം അത് നിൽക്കുന്നു വെളിച്ചത്തിൽ തന്നെ വ്യത്യാസമുണ്ടല്ലോ മങ്ങിയ വെളിച്ചം നല്ല തെളിഞ്ഞ വെളിച്ചം വെളിച്ചത്തിൽ താരതമ്യമുണ്ട് അതുപോലെ ഇവിടെയും വന്നിരിക്കുന്നു അജ്ഞാന സംശയങ്ങളോട് കൂടിയ ജ്ഞാനം പക്ഷെ ജ്ഞാനം അപരോഷമാണ് ബ്രഹ്മജ്ഞാനം തന്നെയാണത് കാരണം ബ്രഹ്മത്തെ അങ്ങനെയാണ് ഈശ്വരജി ബോധിപ്പിക്കുന്നത് ബോധിപ്പിച്ചതു തന്നെയാണ് ധരിച്ചത് പക്ഷെ ഉടൻ സംശയമാണ് അടുത്ത നിമിഷം മനസ്സിൽ വരുന്നത് അഹം ബ്രഹ്മാസ്മി അങ്ങനെയാണ് നിശ്ചയിക്കാൻ കഴിഞ്ഞത് ഈ സംശയങ്ങളെ ദൂരീകരിക്കുക അതാണ് ശ്രവണ മനനങ്ങളും കൊണ്ട് സാധിക്കുന്നത് അപ്പോൾ ഏതൊരു ജ്ഞാനമാണോ ഉണ്ടായത് ആ ജ്ഞാനം തന്നെ സംശയങ്ങളെ ദൂരീകരിക്കുന്നതായി മാറുന്നു ഏതുപോലെ ഇപ്പോ പുറത്തും വെളിച്ചമുണ്ട് മുറിക്കാകത്തും വെളിച്ചമുണ്ട് പക്ഷെ ഈ വെളിച്ചത്തിന് ഇതിനകത്തുള്ള ഇരളിനെ മാറ്റാൻ ശേഷിയില്ല ഈ വെളിച്ചത്തോടൊപ്പം തന്നെ നിഴൽ എന്ന് പറയുന്ന ഇരളാണ് പക്ഷെ പുറത്തുള്ള പ്രകാശമാണെങ്കിലോ ഇരുളിനെ മാറ്റിയിരിക്കുന്നു നിഴലില്ല അവിടെ ഇവിടെ പൂർണമായ പ്രകാശമാണ് അതുപോലെ പക്ഷെ ഇത് പ്രകാശം അല്ലെന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ ഈ പ്രകാശത്തിനും വേറൊരു പ്രകാശത്തിന്റെ ആവശ്യമുണ്ട് ഇത് പ്രകാശം തന്നെ പക്ഷെ ഈ പ്രകാശത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഒരു നിഴലിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ ഈ ജ്ഞാനത്തിൽ അജ്ഞാന സംശയങ്ങളുടെ സാന്നിധ്യം അജ്ഞാന സംശയങ്ങളെ ഇത് നീക്കണം ഈ ജ്ഞാനം അജ്ഞാന സംശയങ്ങളെ നീക്കുന്ന ഒരു ജ്ഞാനം തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചില്ല ഞാനവിടെ ഉണ്ടായി അതുണ്ടായില്ല അതെന്താണ് തന്റെ പോരായ്മ തന്റെ മനസ്സിന്റെ പോരായ്മ തന്റെ യോഗ്യത കുറവ് ആ യോഗ്യതകൾ സംഭവിക്കുമ്പോൾ ആ ജ്ഞാനത്തിന്റെ തീവ്രമായ പ്രകാശത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ അജ്ഞാന സംശയങ്ങൾ ഇല്ലാതായിരിക്കും ജ്ഞാനം എപ്പോഴും പരോക്ഷം തന്നെ പക്ഷേ പരോക്ഷമായിരിക്കുന്ന ആ ജ്ഞാനത്തിന് ഈ അജ്ഞാന സംശയങ്ങളെ നീക്കുന്നതിനുള്ള ശക്തിയില്ല അത് തന്റെ മനസ്സിന്റെ പോരായ്മയാണ് അതിനാണ് പറയുന്നത് ചിത്തശുദ്ധി വേണം മനസ്സിന് ഏകാഗ്രത വേണം അതൊക്കെ മനസ്സിന്റെ യോഗ്യതകളെക്കുറിച്ച് പറയും ഏത് യോഗ്യതകളാണ് സാധന ചതുഷ്ഠയ സമ്പത്ത് ഇതെല്ലാം പറയുന്നു ഏത് യോഗ്യതകളുടെ പോരായ്മയാണോ ീ അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ആ പോരായ്മകളെ പരിഹരിക്കാൻ പറയുന്നു ശാസ്ത്രം തന്നെ ഗുരു തന്നെ പറയുന്നു അപ്പൊ ആ മാറി ആ യോഗ്യത സംഭവിച്ചു കഴിഞ്ഞാൽ ആ അവിടെ പ്രകാശിക്കുന്ന ജ്ഞാനം അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കുന്നു ഒരേ തത്വത്തെ തന്നെ ഒരേ ശ്രുതി തന്നെ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ ഇവരുപദേശിക്കുന്നു അനേക ശിഷ്യന്മാർ ശ്രമിക്കുന്നു പലർക്കും ഇതിനെ സംബന്ധിച്ച് പല അറിവാണ് ഉണ്ടാവുന്നു ഒരറിവല്ല എന്തുകൊണ്ട് ഓരോരുത്തരുടെയും മനസ്സ് വേറെ വേറെയാണ് ഇവിടെയാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ആവശ്യം ബ്രഹ്മം ജ്ഞാനത്തിന് വിഷയമല്ലെങ്കിലും ബ്രഹ്മജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് ഇവിടെ ഷയഗ്രഹണത്തിൽ അതായത് ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ പുസ്തകത്തെ ഗ്രഹിക്കുമ്പോൾ ഈ ജ്ഞാനത്തിന് പുസ്തകത്തെ വിഷയമാക്കാൻ കഴിയുന്നു കാരണം പുസ്തകം അജ്ഞാതമായിരുന്നു അറിയാതിരുന്നു ഒന്നാണ് അതിന് ജ്ഞാനത്തിന് പ്രകാശിപ്പിക്കാൻ കഴിയുന്നു ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോഴോ ആ ജ്ഞാനത്തിന് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല അത് സ്വയം പ്രകാശസ്വരൂപമാണ് അനുഭവസ്വരൂപമാണ് അനുഭൂതി സ്വരൂപമാണ് അതുകൊണ്ട് ജ്ഞാനം അവിടെ പരാജയപ്പെടുന്നു ജ്ഞാനം എന്താ ചെയ്യുന്നത് അത് ഈ മനസ്സിലുള്ള അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുന്നു അതുകൊണ്ട് ജ്ഞാനത്തിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല എങ്ങനെയാണോ ജ്ഞാനത്തിലൂടെ ഞാൻ പുസ്തകത്തെ സാക്ഷാത്കരിച്ചത് അതുപോലെ ജ്ഞാനത്തിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല അതിൻ്റെ ആവശ്യമില്ല മെഴുകൂരിവട്ടത്തിൽ സൂര്യനെ കാണേണ്ട ആവശ്യമില്ല എന്നാൽ ജ്ഞാനം പ്രയോജനമുള്ളതാണോ ആ അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്ന ചിലടത്ത് ഏകശ്രവണം അത് മതി ഏകവാരശ്രവണം മനസ്സത്രയും പരിപക്കുമായി വരുമ്പോൾ അശ്രവണത്തിൽ അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു എന്തുകൊണ്ട് ജ്ഞാനം അവിടെ അങ്ങനെ ദൂരീകരിക്കപ്പെടുന്ന സമയത്ത് ബ്രഹ്മത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കൂടെ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കാം ദോഷങ്ങളെല്ലാം മാറി അജ്ഞാന വിപരീങ്ങളായിരുന്നല്ലോ അതൊക്കെ ഈ ജ്ഞാനം മാറ്റി പിന്നെ ആ സമയത്ത് അവിടെ സംഭവിച്ചുകൂടെ ആത്മാനുഭവം പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കത്തില്ല എന്തുകൊണ്ട് അങ്ങനെ അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ചാൽ പിന്നെ അവിടെ ആത്മാവിന്റെ ജ്ഞാനം ആത്മാവ് എന്ന് രണ്ടില്ല ഈ അജ്ഞാന സംശയങ്ങളാണ് ഈ രണ്ടിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവ് ആത്മാവിന്റെ ജ്ഞാനം എന്തുകൊണ്ട് നമ്മൾ ആത്മാവിനെ കുറിച്ച് എന്തുപറയുന്നത് അപരോക്ഷമാണ് ജ്ഞാനത്തെ കുറിച്ച് എന്ത് പറയുന്നു അപരോക്ഷമാണ് രണ്ടും അപരോക്ഷമാണ് രണ്ടും അപരോക്ഷമാണെങ്കിൽ രണ്ടും തമ്മിൽ വാസ്തവത്തിൽ ഭേദമില്ല ആത്മാവ് ആത്മാവിന്റെ ജ്ഞാനം ഇന്ന് രണ്ട് ഭേദമില്ല ഒന്ന് തന്നെയാണ് ഈ അജ്ഞാന സംശയങ്ങളെ കൊണ്ട് നമ്മൾ അതിനെ വേറെതിരിക്കയാണ് അത് ആത്മാവ് ആത്മാവിനെ സംബന്ധിച്ചുള്ള നമുക്കങ്ങനെ രണ്ടാമതൊന്നിന്റെ സഹായം വേണ്ടിവന്നു അത് നമ്മൾ സാറിന് പറയാറുണ്ട് എന്താണോ വെളിച്ചത്തിന്റെ ചുവട്ടിൽ ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നീക്കാൻ നമുക്ക് വേറൊരു വെളിച്ചം കൊണ്ടുവരേണ്ടി വന്നു ആ വിളിച്ചവർ നീക്കുന്നില്ല അതുപോലെ ഇതൊരു ഇതിനെയാണ് ഭ്രാന്തി എന്ന് പറയുന്നത് അജ്ഞാന സംശയങ്ങൾ ഇതെല്ലാം തിന് ചേർത്ത് പറയുന്നത് ഭ്രാന്തിയാണ് ഈ ഭ്രാന്തിയെ ജ്ഞാനം ദൂരീകരിച്ചാൽ അവിടെ ജ്ഞാനം ആത്മാവ് എന്ന് ഭേദ അവിടെയും പിന്നീട് ഒരു അനുഭവം അങ്ങനെ ഒന്നും ശേഷിക്കുന്നില്ല എന്തുകൊണ്ട് അവിടെ അനുഭവിക്കുന്നവൻ അനുഭവിക്കേണ്ട വിഷയം അനുഭവം ഇത്തരം ഭേദം അവിടെയില്ല അതുകൊണ്ട് പറയുമെന്താണ് അനുഭവാതീതം അത് എന്നാൽ ആചാര്യന്മാർ ഗുരുക്കന്മാർ പറയുന്നെന്താണ് ആത്മാവിന്റെ അനുഭവം ഉണ്ടാകണം പൊതുവെ പറയും അങ്ങനെ പറയാറ് ആത്മാവിനെ സാക്ഷാത്കരിക്കണം ഇതെല്ലാം പറയാറുണ്ട് ഇതിന്റെയൊക്കെ താല്പര്യം എന്താണോ നമ്മൾ ധരിക്കുന്നതുപോലെ നമ്മുടെ ബുദ്ധിക്ക് വിഷയമാക്കണമെന്നല്ല അങ്ങനെ ഒരു ഭ്രാന്തി വരാം അതിന് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത് മനസ്സവിടെ പ്രവർത്തിക്കുന്നില്ല ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്താ പറയുന്നതിന്റെ താല്പര്യം ഈ ജ്ഞാനം ശ്രവണം കൊണ്ടുണ്ടായ ആ ജ്ഞാനം അത് അജ്ഞാന സംശയങ്ങളെ ദൂരീകരിച്ചു അതുകൊണ്ട് വേറെ ചില ഭാഷയിൽ പറയുന്നതാണ് അവിടെ എത്രപൊടി നശിച്ചു എന്ന് പറയുന്നു അത് എന്താണ് അത് അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ച ഒന്നും ഇനി അതിനെയാണോ സമാധി എന്ന് പറയുന്നത് അങ്ങനെ സംശയം അജ്ഞാന സംശയങ്ങളെ ദൂരീകരിച്ച അതിന് സമാധി എന്ന് പറയാൻ സമാധി എന്ന് പറയുന്നു അത് സമാധി തന്നെയാണ് പക്ഷെ അത് നമ്മുടെ ഭാവനയിലുള്ള സമാധിയാണ് നമ്മുടെ ഭാവനയിലൂടെ സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ മാനസികമായ അഭ്യാസം കൊണ്ട് മനസ്സേതെങ്കിലും പ്രത്യേക അവസ്ഥയിൽ പ്രവേശിച്ചിരിക്കുന്ന ആ സമാധി അതല്ല ഇത് ഇത് ാശം അതും അജ്ഞാനനാശം എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ച ആത്മാവിനെ സംബന്ധിച്ചൊക്കെ ഗരിയും ആത്മാവിനെ സംബന്ധിച്ചുള്ള സംശയം ഇതിന്റെ നാശം അതിനുവേണ്ടിട്ട് ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ആത്മജ്ഞാനത് ആവശ്യമാണ് അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല നിലവിലുള്ള ദോഷങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ട അതുകൊണ്ട് അത് ഭാഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അപൌഹാർദത്വ അതാണ് ഇവിടെ അപ്രാപ്തി മനസ്സഹ എന്ന് പറയുന്നതിന്റെ താല്പര്യം അജ്ഞാന വീണ്ടും അവിടെ ഈ അജ്ഞാന സംശയങ്ങൾ ശേഷിക്കും അജ്ഞാന സംശയങ്ങൾ ശേഷിച്ചതിനു ശേഷം പിന്നെ എന്തോ അതൊന്ന് വിശദീകരിക്കാമോ അതും ചോദിക്കും ചോദിച്ചു അജ്ഞാന സംശയങ്ങളെല്ലാം മാറിയെന്ന് പറഞ്ഞ് ശരി മനസ്സിലാകും അതിനുശേഷമുള്ള കാര്യം എനിക്കൊന്ന് മനസ്സിലാക്കാമോ ഒന്ന് മനസ്സിലാക്കി തരാമോ അപ്പോ ഈ ഇതെന്താണ് ഈ ചോദ്യം അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ചതിന് ശേഷം പിന്നുള്ള അവസ്ഥ എന്താണ് അത് വിശദമാക്കാൻ ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആളിന് ആ വിഷയത്തിൽ സംശയമുണ്ട് അജ്ഞാനമുണ്ടെന്നർത്ഥം അപ്പത് മനസ്സിലാക്കാൻ കഴിയത്തില്ല ആ ചോദ്യം എന്ത് ചെയ്യുന്നു ചോദിക്കുന്നവന്റെ അജ്ഞാനത്തെയും സംശയത്തെയും വെളിപ്പെടുത്തുന്നു അപ്പൊ ചോദിക്കുന്നവനിൽ അജ്ഞാന സംശയങ്ങൾ ഇരിക്കെ അത് മാറിയ അവസ്ഥ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനം കൈമാറാൻ സാധ്യമല്ല ജ്ഞാനത്തെ ഒരാൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ സാധ്യമല്ല ഒന്ന് അനുഗ്രഹിച്ചാലോ രക്ഷയില്ല വേറെ പലതും സാധിക്കും ഇത് മാത്രം സാധിക്കില്ല എന്തുകൊണ്ട് അജ്ഞാന സംശയങ്ങൾ തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത് മാറുന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ഉപദേശിക്കുന്നത് ശിവരി അത് മാറിയാൽ എങ്ങനെയെന്നുള്ളത് തന്റെ അജ്ഞാനമാണ് അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല അപ്പൊ അജ്ഞാനം നിലനിൽപ്പേ അജ്ഞാനം മാറുന്നത് എങ്ങനെ അറിയാൻ പറ്റും സാധ്യമല്ല അത് സ്വയം തന്നിൽ മാറണം അവസാനത്തെ നില അതാണ് അതുകൊണ്ട് പറയുന്ന ഇത് അവാച്യമാണ് വാക്കുകൊണ്ടും പറയാൻ കഴിയില്ല സ്വയം ഒരുവലിൽ എങ്ങനെയാണോ ഇതില്ലാതാകുന്നത് ഈശ്വരാനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹവുമെല്ലാം ആ യോഗ്യതകളെ സമ്പാദിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് യോഗ്യതകളെ സമ്പാദിച്ചാൽ ആ ഉപദേശം കൊണ്ട് ഈ സംശയങ്ങൾ മാറുന്നു പിന്നെ ശിഷ്യൻ ചോദിക്കുന്നില്ല ഇനി എന്ത് ഇനി അങ്ങനെ അതെങ്ങനെയായിരിക്കും ആ ചോദ്യങ്ങളോട് അവസാനിക്കുന്നത് അതിനെയാണ് ശാസ്ത്രങ്ങളിലും മറ്റും ആനന്ദാനുഭവമൊന്നും മൗനമൊന്നും ഇങ്ങനെ പലതരത്തിലും അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു അതൊക്കെ ആ പരമമായ നിലയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം മനസ്സിലുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് ആ നിലയെ ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല ആർക്കും ഒരു ശാസ്ത്രത്തിനോ ഒരു ഗുരുവിനോ ഒന്നും അതിനെ ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല എന്തുകൊണ്ടത് ആത്മനിഷ്ഠമാണ് അധികം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മജ്ഞാനം പ്രയോജനമുള്ളതാണ് ആത്മജ്ഞാനം സമ്പാദിക്കേണ്ടതാണ് പക്ഷെ ആത്മാനുഭവം നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ അത് നമുക്ക് സാധിക്കത്തില്ല എന്തുകൊണ്ട് ആത്മാവ് അനുഭവത്തിന് വിഷയമല്ല അത് സ്വയം അനുഭവമാണ് ആത്മജ്ഞാനം സമ്പാദിക്കാവുന്ന ഒന്നാണ് അത് സ്വയം അപരോക്ഷമാണ് സ്വയം അത് പ്രത്യക്ഷമാണ് പക്ഷേ കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് പറയും വിദ്വാൻമാർക്ക് ആത്മാനുഭവം പ്രത്യക്ഷമാണ് അതിൽ തന്നെ വരുന്ന വ്യത്യാസം ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് ആത്മാനുഭവം പ്രത്യക്ഷമാണെങ്കിൽ ആത്മാനുഭവം സദാപ്രത്യക്ഷമാണെങ്കിൽ ശ്രുതിയിൽ നിന്ന് കേട്ടു അപ്പം തന്നെ അത് പ്രത്യക്ഷമായെങ്കിൽ പിന്നെന്താ ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസം രണ്ടുപേരിലും ജ്ഞാനും പ്രത്യക്ഷമാണെങ്കിൽ ഒന്ന് അജ്ഞനിൽ ആ അജ്ഞാന സംശയവിപര്യങ്ങളുണ്ട് ജ്ഞാനിയിൽ അജ്ഞാന സംശയവിപര്യങ്ങളില്ല അതാണ് പ്രതീക്ഷ അതാണ് രണ്ടുപേരും തമ്മിലുള്ള അജ്ഞാന സംശയവിപര്യങ്ങൾ ജിജ്ഞാസുവന് ദൃഢബോധന് എന്നു വെച്ചാൽ ആത്മജ്ഞാനിക്ക് അത് ഇല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ് സദാ അപരോക്ഷം തന്നെ സദാ അപരോക്ഷം തന്നെ ആത്മാവും ഏകമായി അപരോക്ഷമായി പ്രകാശിക്കുന്നു അജ്ഞാന സംശയവിപര്യങ്ങളില്ലാതെ പ്രകാശിക്കുന്നു എന്താ ഇതിന്റെ ഫലം അതിന്റെ ഫലമാണ് മുക്തി എന്തിൽ നിന്നുള്ള മുക്തി അജ്ഞാന സംശയവിപര്യങ്ങളിൽ നിന്നുള്ള മുക്തി അതാണ് ഇതിന്റെ ഫലം ഇതാണ് നമ്മൾ രാവിലെ ചർച്ച ചെയ്തത് ഇനി അടുത്ത വിഷയത്തിലേക്ക് ഇവിടെ പറഞ്ഞു ഭയം ഭയമില്ല ഭയനിമിത്തമില്ല അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു അവിടെ ഞാനീ സംബന്ധിച്ചിടത്തോളം പറയാവൻ അഭയത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു എന്നുവെച്ചാൽ ആത്മാവിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു അവന്റെ സ്വരൂപം തന്നെ അഭയമാണ് പുറമേ നിന്നു ഒരു ഭയം വന്നു ആ ഭയത്തെ ഓടിച്ചു കളഞ്ഞു അങ്ങനെയല്ല അഭയം എന്ന് പറയുന്ന അവന്റെ സ്വരൂപം തന്നെ അത് സ്വരൂപം തന്നെ അത് അഭയപ്രതിഷ്ഠിതനായിരുന്നു അല്ലെങ്കിൽ ആത്മപ്രതിഷ്ഠിതനായിരുന്നു എന്ത് വേണോ പറയാൻ രണ്ടിനേ താല്പര്യം ഒന്നും അല്ല ഇപ്പോൾ ബാഹ്യമായ ഭയത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അത് ഭയമുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ എങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെ അതെല്ലാം നമ്മൾ രാവിലെ ചർച്ച ചെയ്തതാണ് പിന്നെ അടുത്ത് പറയുന്നത് പാപപുണ്യങ്ങളെക്കുറിച്ച് അത് പറഞ്ഞു ഏതം ഹവാ വന്ന തപ്പതി കിമഹം സാധനക്കരപം കിമഹം പാപം അകരവം ം പറയുന്നു കഥും പുനഃ സാതിരിക്കുക നന്മ ചെയ്യാതിരുന്നാലും പിന്നീട് പശ്ചാത്താപം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും അതാണ് താപം എന്ന് പറയുന്നത് ഓ ആ സമയത്ത് അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അയാൾ യെ കാണിക്കേണ്ടതായിരുന്നു നന്മ പ്രവർത്തിക്കേണ്ടതായിരുന്നു അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ സൽപ്രവൃത്തികൾ ചെയ്യാതിരുന്നാലും പിന്നീട് ദുഃഖമുണ്ടാവും അന്ന് കോളേജിലൊക്കെ പോയപ്പോ നല്ലോണം പഠിക്കേണ്ടതായിരുന്നു എന്നാലിന്ന് സ്വാമി ആവേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ തപിക്കും അതുകൊണ്ട് കരണം നല്ലത് ചെയ്യാൻ പറ്റിയില്ല ഇനി തിന്മ ചെയ്താലോ തിന്മ ചെയ്താലും തപിക്കും അന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയത് കൊണ്ടാണ് ഇന്ന് സ്വാമി ആ വേണ്ടി വന്നത് തപിക്കും പാപക്രിയ സാധു അകരണം പാപക്രീയ ഇത് സാധാരണ ജീവന്മാരിൽ ദുഃഖത്തിൽ ഉണ്ടാക്കും അല്ലെ അതിന് പറയും എന്താണ് ഭൂതകാലം അവനെ പിന്തുടരുന്നു എന്നൊക്കെ പറയും തിന്മകൾ പിന്തുടരുന്നു എന്തൊക്കെ ഞാൻ സമ്പാദിച്ചാലും ശരി എത്രയൊക്കെ തലവുത്തിന്ന് അഭ്യാസം കാണിച്ചാലും ശരി അത് ഒരു നിഴൽ പോലെ പിന്തുടരും ഭൂതകാലത്തെ സംബന്ധിക്കുന്ന വേദന ദുഃഖം ഇതെല്ലാം അത് ജീവസാധാരണമാണ് ആരുടെയും കുറ്റമൊന്നും അല്ല അത് പോകത്തില്ല അത് പോകാൻ ഒരു വഴിയുള്ളു ഞാനും അതാണ് മുക്തി എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം ഉള്ള മുക്തി ഞാനും കൊണ്ടേ സാധന അത് ശ്രുതി തന്നെ പറയുന്നു സാധു അകർണവും പാപത്രി ഇന്ന തപതി എന്താണ് കിം കസ്മ സാധു ശോഭനം കർമ്മന അകരവ് ഞാൻ എന്തുകൊണ്ടാണ് സത്പ്രവൃത്തി ചെയ്തില്ല പകരം എന്ത് ചെയ്തു ദുഷ്പ്രവൃത്തി ചെയ്തു സത്പ്രവൃത്തി ചെയ്യേണ്ട സ്ഥാനത്ത് കൃതവാൻ അസ്മി എന്തുകൊണ്ട് ഞാനെന്ത് ചെയ്തില്ല എന്ന് പശ്ചാത്താപോ ഭവതി സന്താപം വരുന്നു പിന്നീട് ദുഃഖം വരുന്നു അതിപ്പോഴാണ് വരുന്നത് അത് ചിലപ്പോൾ യുവത്വത്തിൽ അത് വരത്തില്ല കാരണം യുവത്വത്തിന് മനസ്സിന് ശക്തി കൂടുതലുണ്ട് അതുകൊണ്ട് മനസ്സ് മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ മുഴുകി അതൊക്കെ മറന്നളെ മനസ്സിന് ബലമുള്ളതുകൊണ്ട് അത് കഴിയും ശ്രുതിയിലൊന്നും പറഞ്ഞില്ലെങ്കിലും ഭാഷ്യകാരൻ്റെ അടുത്ത് പറയുന്നു അത് ഇവിടെ ആസന്നെ മരണകാലം മരണമെടുത്ത് വരുമ്പോൾ ഇവിടെ പറയുന്നത് സ്വാഭാവികമായ മരണത്തെക്കുറിച്ചാണ് അവിടെ എന്താണ് ശരീര ഇന്ദ്രിയ മനസ്സുകളെല്ലാം ക്ഷീണിച്ച് മനസ്സിന് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ അങ്ങോട്ട് മുഴുകാൻ കഴിയാതെ വരുമ്പോൾ അത് പഴയ കാലങ്ങളിലേക്ക് പോവും അങ്ങനെയുണ്ട് മനസ്സിനൊരു ശേഷി ചില ഓർമ്മ നശിക്കതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന പ്രായമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അവർക്ക് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ബോധവും കാണത്തില്ല എന്തിനു ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പക്ഷെ പഴയ കാലത്തെ കാര്യങ്ങൾ അവിടെ കാണും അത് ഓർക്കും പറയും പഴയതിന് ശക്തി കൂടും അതുകൊണ്ടാണ് എന്തുകൊണ്ട് അതുകൊണ്ടൊരുപാട് പഴകി കഴിഞ്ഞു വാസന പഴകിയാൽ അതിന് ശക്തി കൂടും അതുകൊണ്ട് അത് സംഭവിക്കും മരണകാലത്ത് ദുഃഖം വരും അങ്ങനെ ചെയ്തല്ലോ അത് ചെയ്തില്ലല്ലോ അതൊക്കെ ഓർമ്മ വരും ആ സമയത്ത് മനസ്സിന് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ മുഴുകാൻ കഴിയത്തില്ല ധ്യാനിക്കാൻ പറ്റത്തില്ല ജപിക്കാൻ പറ്റത്തില്ല ഒന്നും കഴിയത്തില്ല മനസ്സിന്റെ ശേഷി പോവും അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ക്ലോസ് ആകണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ദുഃഖിക്കേണ്ടി വരും അതിന് മുമ്പ് ആയാൽ പിന്നെ അത് വേറെ ശല്യമാണ് വേറെ പ്രശ്നങ്ങളെ സൃഷ്ടിക്കും അതും ഒരു പോംവഴിയല്ല അവരുടെ ഭാഷകാരൻ എടുത്തു പറയുന്നു മരണകാലത്തിൽ ഈ സന്താപം സാധാരണ ജീവന്മാർക്കെല്ലാം ഉണ്ടാകും ിന്ത എന്ന് പറയും അതുപോലെ തന്നെ വരുന്ന തഥാക്യം കസ്മാ പാപം പ്രതിഷിദ്ധം കർമാകരം കൃതവാനസ്മി എന്തുകൊണ്ട് ഞാൻ ആ പാപം ചെയ്തു ചെയ്യാൻ പാടില്ലാത്തതായിരുന്നല്ലോ അന്നും ഒരു വിവേകമുണ്ടായിട്ടും വിവേകത്തിന് ചെവി കൊടുത്തില്ല അത് ചെയ്തു തന്നെ തീർണമായിരുന്നു അതിന്റെ പേരിലുള്ള ദുഃഖം അതെന്താണ് ശ്രദ്ധ ഉള്ളവനാണ് ആസ്തികനാണെങ്കിൽ നരക പതനാധി ദുഃഖ ഭയ ഇനി ഈ മരണശേഷം എനിക്ക് എന്റെ ജന്മമാണ് കിട്ടാൻ പോകുന്നത് നരകത്തിൽ പോകുമോ അത് ഇവിടെ തന്നെ ഇനി പോത്തോ കാളയോ എന്തെങ്കിലുമൊക്കെ ആകുമോ അങ്ങനെ പുനർജന്മത്തെ കുറിച്ചും മറ്റും സങ്കല്പമുള്ളവർക്ക് അങ്ങനെ ദുഃഖം വരും ഇതെല്ലാം ചുരുക്കത്തിൽ എന്താണ് താപോ ഭവതി അവസാന പരമകഷ്ടം ഇത് സാധാരണ ജീവന്റെ കഥ തേ പറയുന്നു എന്നാൽ ഇവ ഏതേ സാധു അകർണാദി പാപത്രിയെ ഏനം എന്ന തപത്തോ യഥാ അവിദ്വാംസം തപത്ത അതുപോലെ ഈ ആത്മബോധമുള്ളവനെ ഇതൊന്നും തപിപ്പിക്കുന്നില്ല എന്നറിയും യഥാ അവിദ്ധംസം എങ്ങനെയാണോ അവിദ്വാനെ തപിപ്പിക്കുന്നത് അതുപോലെ പെട്ടെന്ന് നമ്മുടെ മനസ്സി വരുന്ന സംശയം നമ്മുടെ മനസ്സ് പാഴ് മനസ്സായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ പാപവും പുണ്യവും ചെയ്തിട്ട് അവസാനം ഞാനവിടെ നേടിയാൽ മതിയല്ല പിന്നെ അതെല്ലാം പറയുന്നതിൻ്റെ താല്പര്യം അങ്ങനെ വിവേകമില്ലാതെ പാവപുണ്യങ്ങളെ സമ്പാദിച്ചാൽ ആ പാപപുണ്യങ്ങൾ ഞാനത്തിന് തടസ്സമായി നിൽക്കും ഞാനുണ്ടാകത്തില്ല ഞാനത്തെ പ്രതീക്ഷിക്കാം പക്ഷെ സംഭവിക്കത്തില്ല എന്തുകൊണ്ട് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അന്ധക്കന് ശുദ്ധിയില്ല അന്ധക്കന് ശുദ്ധിയില്ലെങ്കിൽ പിന്നെ അവിടെ അത് സംഭവിക്കത്തില്ല അപ്പം ഇവിടെ പറയുന്നത് ജ്ഞാനത്തിന് തടസ്സമായേക്കാവുന്ന പാതകങ്ങളെക്കുറിച്ചല്ല അങ്ങനെയുള്ള പാതകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇല്ലാതാക്കുന്നതിനുള്ള പ്രായശിത്വങ്ങൾ ഒക്കെ ചെയ്യും അതിനുള്ള വഴികൾ നോക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള വഴികളും പറയുന്നു ക്രിച്ഛ്രം ചാന്ദ്രായണം തുടങ്ങി വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ പറയും പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചുപോട്ടെ പ്രായശ്ചിത്വങ്ങളെല്ലാം പാപനാശത്തിന് വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്ത് പാപം നശിച്ചാലേ ജ്ഞാനത്തിന് തടസ്സമാകുന്ന പാപം നശിച്ചുകഴിഞ്ഞാല് ജ്ഞാനമുണ്ടാവും എന്നിരിക്കലും ഒരുവൻ എന്തൊക്കെ യോഗ്യനായാലും ശരി അനിവാര്യമായ പാപങ്ങൾ ഒഴിവാക്കാൻ കഴിയത്തില്ലോ ജീവന നിർവഹണത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല സംസാരിക്കും ഇവിടെ ഹിംസ നടക്കും അതാണ് സ്മൃതികളിലും മറ്റും അങ്ങനെയുള്ള പാപങ്ങൾക്ക് പരിഹാരം പറഞ്ഞിരിക്കുന്നു അതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു പഞ്ചമഹായജ്ഞവും മറ്റും പാപ പരിഹാരമായി നിർദ്ദേശിക്കുന്നു ആ പാപങ്ങൾ നശി അത് ജ്ഞാന ഉത്പത്തിക്ക് തടസ്സമല്ല ഒരു സാധനസമ്പന്നനായ ഒരുവന് സംഭവിക്കുന്ന സ്വാഭാവികമായ അനിവാര്യമായ പാവ അവ മനസ്സ് ഹിംസാത്മകമായി പ്രവർത്തിച്ച നടക്കുന്നത് ഇരിക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം പാപകാരണമാണ് ഹിംസ അവിടെയൊക്കെ സംഭവിക്കുന്നു അന്വേഷണം ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങൾ അത് ഞാൻ ഉത്പത്തിക്ക് തടസ്സമല്ല അത്തരം പാപങ്ങളും ഇന്നെ ഒരു ജന്മം ഇവിടെ ഗുരുവിന്റെ ശ്രദ്ധ അനുസരിച്ച് പറയുകയാണെങ്കിൽ അനേക ജന്മങ്ങൾ ഒടുവിൽ വരുന്ന ജന്മമാണ് ഈ അനേക ജന്മങ്ങളിൽ എന്തെല്ലാം പാപം ചെയ്തിരിക്കാം പൂർവ്വജന്മങ്ങൾ ചെയ്ത പാപം ആ പാപങ്ങളിൽ എന്തെല്ലാം ഫലം കൊടുത്തിരിക്കുമിനി എന്തെല്ലാം ഫലം കൊടുക്കാനിരിക്കുന്നു ഇനിയും നരകത്തിന് ഭേതുവായ എന്തെങ്കിലും പാപങ്ങളോ ഇത്തരം ചിന്തകൾ പൂർവജന്മ പാപചിന്ത ഈ ജന്മത്തിൽ സംഭവിക്കുന്ന അനിവാര്യമായ പാപങ്ങളുടെ ഫലം ഇത്തരത്തിലുള്ള ഫലങ്ങൾ കൊണ്ടൊന്നും വിദ്വാൻ തപിക്കുന്നില്ല യഥാവിദ്വാംസം തപഥ അവിദ്വാൻ തപിക്കുന്നത് അവിദ്വാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ആൾ ആരാണോ വിവേകമുള്ളവൻ പക്ഷെ തത്വജ്ഞാനമില്ല അവനെ പാപത്തെക്കുറിച്ചുള്ള ചിന്ത വേഗമില്ലാത്തവൻ പാപം ചെയ്താൽ അവനൊരു താപമില്ല മുൻമൃഗസമാനമായി ജീവിക്കും അതല്ല ഇവിടുത്തെ വിദ്വാൻ അവന് ശാസ്ത്രബോധമുണ്ട് വിവേകമുണ്ട് അവന് ഞാന് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവൻ പാപചിന്ത വരും ദുഃഖിക്കും മൃഗത്തിന് പാപചിന്തയിൽ അതിന് ദുഃഖമുണ്ട് പക്ഷെ ഞാനീ സംബന്ധിച്ച് അത് സംഭവിക്കുന്നില്ല കസ്മാ പുനഃ വിദ്വാംസം എന്ന തപതയിച്ചത് എന്തുകൊണ്ട് വിദ്വാനിൽ പാപങ്ങൾ ഉണ്ടായിട്ടും തപിക്കുന്നില്ല വിദ്വാനിൽ പാപങ്ങളുണ്ടെന്ന് പലയിടത്തും പറയുന്നുണ്ട് ചാന്തോകൃത്തിൽ പറയും എന്താണോ വിദ്വാന്റെ പാപങ്ങൾ അവന്റെ ശത്രുക്കളിലേക്ക് പോകുന്നു ദേഷിക്കുന്നു വിദ്വാന്റെ പുണ്യം അവനെ ആരാധിക്കുന്നവരിലേക്ക് പോകുന്നു എന്നും മറ്റും പറയും വിദ്വാനിൽ പാപപുണ്യങ്ങളുണ്ടെന്ന് സർവത്തർ പറയുന്നുണ്ട് ഈ ശരീരം നിലനിൽക്കുന്നതിന് ആ പാപപുണ്യങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കുന്നത് ദ്വന്ദ്വാത്മകമായ സർവ്വപ്രവൃത്തികളും ഭാവപുണ്യങ്ങളുടെ ഫലമാണ് അതുകൊണ്ടത് ഉണ്ട് പക്ഷേ അവനെ തപിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് വിദ്വാൻ ആത്മാനും ത്രീണയതി ബലയതി വ പരമാത്മഭാവേനും ഉപേ പശ്യതി തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഭയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അത് മനസ്സിലാക്കിയതുപോലെ തന്നെ പാപപുണ്യങ്ങളെ മനസ്സിലാക്കാം ഈ പാപപുണ്യങ്ങൾ സർവവും നാമരൂപങ്ങൾ സർവവും എങ്ങനെ കാണുന്നു ബുദ്ധി ആത്മഭാവേന പരമാത്മഭാവേന പശ്യതി അവൻ പരമാത്മഭാവത്തിൽ സർവത്തെയും തന്റെ കർമ്മങ്ങളെയും തന്റെ കർമ്മഫലത്തെയും അവൻ പരമാത്മഭാവത്തിൽ കാണുന്നു അതുകൊണ്ട് ഇവിടെ ഭാഷകാരം പറയുന്നതാണ് അവൻ തന്നെ ബലപ്പെടുത്തുന്നു ബലയതി ആത്മജ്ഞൻ തന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറയും ബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഈ ശരീരം ഈ മനസ്സ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിനോട് താതാല്മ്യപ്പെട്ട് അന്ധമായി താതാല്മ്യപ്പെട്ട് അതിൻ്റെ ദ്വന്ദ്വാത്മകമായ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സുഖ ദുഃഖങ്ങൾക്ക് വിധേയനാകുന്നില്ല അജ്ഞനപ്പോലെ അതാണ് തന്നെ ബലപ്പെടുത്തുന്നതെന്ന് പറയുന്നു അതിന് നമ്മൾ പറയുന്നതാണ് അവൻ്റെ ആത്മബലം അല്ലെങ്കിൽ ജ്ഞാനബലം അത് അവന് സദാ ദുഃഖാതീതനായി നിലനിൽക്കുന്നു മറ്റു സ്ഥലത്ത് പറ പറയാറുണ്ട് എന്താണ് ജ്ഞാനിക്കും സ്വദുഖങ്ങളുണ്ട് നമ്മൾ പറയാറുണ്ട് വിശപ്പന്താഹവും പോലെ അതെല്ലാം ഉണ്ട് പിന്നെ ഇവനെങ്ങനെ ദുഃഖാതീതനായി നിലനിൽക്കും അതിനാണ് ഭാഷകാരൻ പറഞ്ഞത് പരമാത്മഭാവേന സർവത്തെയും പരമാത്മഭാവത്തിൽ ദുഃഖഭാവം അല്ലെങ്കിൽ സുഖഭാവമല്ല അവിടെ പരമാത്മഭാവമാണ് ആ പരമാത്മഭാവത്തിൽ അതാണല്ലോ ആത്മജ്ഞാനത്തിന്റെ വിശേഷത എന്ന് പറയുന്നത് അവിടെ പാപവും പാപകാര്യമായ ദുഃഖവും പുണ്യവും പുണ്യകാര്യമായ ദുഃഖവും അവനെ കീഴ്പ്പെടുത്തുന്നില്ല ആ പരമാത്മഭാവം ഇതിനെന്നെ അതിജീവിക്കുന്നതിനുള്ള ബലം അവന് കൊടുക്കുന്നു ഇല്ലെങ്കിൽ ഇതിൽ ആത്മജ്ഞാനം എന്താ അതുഗർദ്ധമാണ് അവനെന്താ പ്രയോജനം ആ വിവേകം അവനെ നിലനിർത്തുന്നു അതൊന്നും സത്യമായിട്ടില്ലല്ലോ എല്ലാം പരമാത്മാവായി നിലനിൽക്കുന്നു അവന് ഒരാജ്ഞനെപ്പോലെ അവന് തപിക്കാൻ കഴിയത്തില്ല ദുഃഖിക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാനീ കുറിച്ച് പറയുന്നത് എന്താണോ അവൻ മുക്തനായിരിക്കുന്നു അവൻ പരമാനന്ദത്തിലിരിക്കുന്നു എന്നെല്ലാം പറയുന്നു പരമാനന്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ദ്വന്ദ്വത്തിന് അതീതമായ അവസ്ഥ ദ്വന്വത്തിൽ പരമാനന്ദമില്ല ആനന്ദമുണ്ട് സുഖദുഃഖങ്ങളിൽ ഉഴലുന്നതുകൊണ്ട് അവിടെ സുഖമുണ്ട് ദുഃഖമുണ്ട് പക്ഷെ ദ്വന്ദ് അതീതമായ സ്ഥിതി എന്ന് പറയുമ്പോൾ പരമാത്മഭാവത്തിലുള്ള സ്തുതി അതിനെയാണ് പറയുന്നത് മുക്തി പരമാനന്ദം അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു ഉഭയ് പുണ്യപാപേ ഹി യസ്മാം വിദ്വാൻ ആത്മാനം ആത്മരൂപേണ പുണ്യപാപേന വിശേഷരൂപേണ ശൂന്യകർത്വ ആത്മാനസ്മുണതേവ അതൊന്നുകൂടി വിശദീകരിക്കുന്നു ഭക്ഷ്യക്കാരൻ കൂടെ പറയുന്നു ഈ പുണ്യപാപങ്ങൾക്ക് രണ്ട് രൂപമുണ്ട് അതെന്താണ് വിശേഷരൂപം പുണ്യം പുണ്യമായിരിക്കുന്നു പാപം പാപമായിരിക്കുന്നതാണ് അതിന്റെ വിശേഷ രൂപം അതാണിപ്പോ നമ്മൾക്ക് താപത്തെ ഉണ്ടാകുന്നു പഴയ ദുഃഖങ്ങളെക്കുറിച്ചുള്ള താപം പുണ്യവും താപത്തെ ഉണ്ടാക്കുന്നു കാരണം സുഖത്തെ പ്രതീക്ഷിക്കും ലഭിക്കാതെ വരുമ്പോൾ അത് താപത്തെ ഉണ്ടാക്കും സുഖപ്രതീക്ഷ കൊടുക്കുന്ന പുണ്യമാണ് കിട്ടുമെന്ന് വിചാരിക്കും പക്ഷെ അടുത്ത് വരുമ്പോൾ അത് തട്ടിമാറ്റുന്ന പാപം അപ്പം പുണ്യവും ഫലത്തിൽ പാപത്തിന് കാരണമായിരിക്കും അപ്പൊ ഇത് പുണ്യപാപങ്ങളുടെ വിശേഷരൂപമെന്ന് വാശികാരം പറയുന്നു പക്ഷെ തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു ശൂന്യേ കൃത്വ ഈ വിശേഷരൂപങ്ങളെ ഇല്ലാതാക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഈ ദ്വന്ദ്ത്മകമായ സ്വഭാവത്തെ നശിപ്പിക്കുന്നു എങ്ങനെ ആത്മരൂപേണൈവ ആത്മരൂപത്തിൽ ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാണുന്നു ആത്മഭാവമാണെങ്കിലും ഈ ദ്വന്ദ്ക്ക് അതീതവുമാണ് ഇതേ പറഞ്ഞേ ദ്വന്ദ്തീതോ വിമത്സര എന്ന് പറഞ്ഞു ആ ദ്വന്ദ്തീത ഭാവത്തിൽ ഇതേ പറഞ്ഞു എന്താണ് ആത്മന്യകജ പുണ്യത്തിന്റെ ഫലത്തിൽ സന്തുഷ്ടനല്ല ആത്മാവിലവൻ സന്തുഷ്ടനായിരിക്കുന്നു അങ്ങനെയുള്ള വിദ്വാൻ അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം എന്താ എന്തായാലും ആത്മാവിനെ അനുഭവിക്കാൻ കിട്ടില്ല എന്നു ഇതിനെന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ട ഇതിന്റെ പ്രയോജനം അതാണ് എന്താണോ ഈ ദ്വന്ദ്വാതീതമായ അവസ്ഥ അവനെ ഇത് തപ്പിപ്പിക്കുന്നില്ല ആത്മരൂപേ നൈവ പുണ്യപാപേ പുള്ളിപാപങ്ങളെ സ്വയനവിശേഷരൂപേണ ശൂന്യേ കിൾക്കുക അതിന്റെ ആ വിശേഷഭാവങ്ങളെയെല്ലാം തപിപ്പിക്കുന്ന ഭാവങ്ങളെ എല്ലാം ശൂന്യമാക്കി അതൊന്നും അവന്റെ മുമ്പിലില്ല തത്വജ്ഞന്റെ മുമ്പിൽ അങ്ങനെയാണ് ആത്മാനം സ്കുന്നതയെ അവൻ ആത്മാവനെ ബലപ്പെടുത്തുന്നു നേരത്തെ പറഞ്ഞതാണ് ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവൻ ഈ ദ്വന്ദ്ങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല ഇതിന് അതീതനായി നൽകുന്നു ഇത് വേറൊരു ഭാഷയിൽ പറയുന്നതാണോ ആത്മജ്ഞാനി ജ്ഞാനിക്കും പ്രാരബമുണ്ട് ആ പ്രാരബ്ധത്തിൽ ഇതെല്ലാം വന്നു ചേരുന്നു വന്നു ചേർന്നാലും തത്വജ്ഞാനി തത്വജ്ഞാനത്തിന്റെ ബലത്തിൽ ഇതിനെല്ലാം അതീതനായി വേറെ തരത്തിൽ പറയുന്നതാണോ ആ പ്രാരബ്ധം തത്വജ്ഞാനിയെ ബാധിക്കുന്നില്ല എന്ന് പറയും തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിൽ അതെല്ലാം ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയും ജ്ഞാനത്തിൽ അത് ബാധിച്ചുപോയി ബാധിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതീതിയുണ്ട് പക്ഷെ അത് അവനെ ബന്ധിക്കുന്നില്ല പ്രാരബം എന്ന് പറയുന്നത് ജ്ഞാനിക്കും അജ്ഞാനിക്കുമുണ്ട് തുല്യം തന്നെ പ്രാരബ്ധെന്ന് പറയുന്നത് എന്താണ് ഏതെന്നാണോ ജന്മത്തിന് ഹേതുവായ കർമ്മം അത് ഫലം കൊടുക്കുന്നതിന് ആരംഭിച്ചതിനാണ് പ്രാരബം എന്ന് പറയുന്നത് ഈ ശരീര സ്വീകരിച്ചോ അവന്റെ പ്രാരബം ആരംഭിച്ചു കഴിഞ്ഞു ശരീരം തന്നെ മുഖ്യമായ പ്രാരബ്ധം കാരണം ഈ ശരീരം സ്വീകരിക്കുന്നതിന് കാരണമായ പ്രാരബ്ധോടെ പ്രവർത്തിച്ചു കഴിഞ്ഞു ആ ശരീരം ധരിച്ചതിന് ശേഷമാണല്ലോ അവൻ ജ്ഞാനിയോ അജ്ഞാനിയോ ഒക്കെ ആകുന്നു അപ്പോ ഈ ശരീരത്തെ സംബന്ധിച്ച് പ്രാരബ്ധം ഇവിടെ മുതൽ ആരംഭിക്കുന്നു ജന്മം മുതൽ പ്രാരബ്ധാരംഭിച്ചു ആരബ്ധം എന്നു വച്ചാൽ തുടങ്ങി എന്നാണ് അപ്പൊ പ്രാരബ്ധം രണ്ടു പേർക്കും ഉണ്ട് ജ്ഞാനിക്കുമുണ്ട് അജ്ഞാനിക്കുമുണ്ട് ഈ ശരീരം അതിനെ ആശ്രയിച്ചു പോകും പക്ഷേ തത്വജ്ഞൻ അതിന് കീഴ്പെട്ടു പോകുന്നില്ല അജ്ഞൻ അതിന് കീഴ്പ്പെടുന്നു ആരാണക്കോദ യഥോക്തം അദ്വൈതം ആനന്ദം ഇവിടെ പറഞ്ഞല്ലോ അത് പരമാനന്ദമാണ് അദ്വൈതമാണ് ഏകമാണ് ആ ബ്രഹ്മത്തെ ആരാണോ അറിയുന്നവൻ തസ് ആത്മഭാവേ നദൃഷ്ടേ പുണ്യപാപേ നിർവീര്യേ അതാപകേ ജന്മാന്തരാരംഭകേ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഭാഷക്കാരനെ അതിനെ വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കുന്നു അവനെയും അവന് പ്രപഞ്ചത്തിന്റെ പ്രതീതിയുണ്ട് എന്റെ പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട് പക്ഷെ പ്രപഞ്ചത്തിൽ സത്യാനുഭവം ഇല്ല എന്തുകൊണ്ട് ആത്മഭാവേന പ്രപഞ്ചത്തെ ആത്മഭാവത്തിൽ കാണുന്നു സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാണുന്നുണ്ട് അതിനെയാണ് നമ്മൾ പറയുന്നത് ദൃഷ്ട എന്ന് വെച്ചാൽ ജ്ഞാനദൃഷ്ടി എന്ന് പറയും അതുകൊണ്ട് പുണ്യപാപയും നിർവീര്യം അവനെ സംബന്ധിച്ച് പുണ്യപാപങ്ങൾ നിർവീര്യങ്ങളായി പോയി വേറൊരു ഭാഷ പറയും എന്താണ് അത് വറുത്ത വിത്ത് പോലെയാണ് വെന്ത പയറ് പോലെയാണ് കത്തിയ വസ്ത്രം പോലെയാണെന്നെല്ലാം പറയും ഇവിടെ വേറൊരു ഭാഷ പറയും അ നിർവീര്യമായി ആ താപൊക്കെ നിർവീര്യം എന്നാൽ എന്താ എന്റെ താല്പര്യം അത് തപിപ്പിക്കുന്നില്ല അത് തപിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവൻ താതാത്മ്യപ്പെട്ടിരിക്കുന്നത് പരമാത്മാവിനോടാണോ അല്ലാതെ പുണ്യപാവങ്ങളോടല്ല അവന്റെ പുണ്യഭാവങ്ങളോട് അവൻ താതാത്മ്യപ്പെടുന്നില്ല അജ്ഞനെ എന്തുകൊണ്ടാണ് അത് തപിപ്പിക്കുന്നു അവൻ അതിനുള്ള താതാത്മ്യപ്പെടുന്നു എന്റെ ബുദ്ധി കൊണ്ട് താതന്യപ്പെടുന്നു അതെൻ്റേത് എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഞാൻ ചെയ്ത കർമ്മം ഞാൻ ചെയ്ത പാപം അതാ ഇപ്പം മുമ്പിൽ ദുഃഖമായി വന്നിരിക്കുന്നു വിവേകി ചിന്തിക്കും ഞാൻ ചെയ്ത പുണ്യം എന്താ സുഖമായി വന്നിരിക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ പൂർവകർമ്മത്തെയും വർത്തമാന ഫലത്തെയും ബന്ധിപ്പിക്കുന്നു എൻ്റെ ഇടയ്ക്ക് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ താതാത്മ്യപ്പെടുന്നില്ല പുണ്യപാപങ്ങളോടോ അതിന്റെ ഫലത്തോടോ താതാത്മ്യപ്പെടുന്നില്ല അതുകൊണ്ട് അവയെല്ലാം നിർവീര്യമായി ഫലത്തെ കൊടുക്കുന്നില്ല അതുകൊണ്ട് തത്വജ്ഞനിൽ സുഖ ദുഃഖങ്ങളുണ്ടോ പുണ്യപാപങ്ങളുണ്ടോ എന്നുള്ള ചോദ്യം അർത്ഥശൂന്യമാണ് അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനൊരു പ്രസക്തിയും തത്വ ശരീരമുണ്ടോ ഇല്ലയോ പ്രാരബ്ധുണ്ടോ ഇല്ലയോ ഇതെല്ലാം അസംബന്ധമായ ചോദ്യങ്ങളാണ് തത്വജ്ഞാനത്തിന്റെ നിലയിൽ നോക്കുമ്പോൾ യുക്തിക്ക് നിരക്കാത്ത ചോദ്യങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞു അവൻ തന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു ആത്മബോധം കൊണ്ട് ഇതിനൊന്നും കീഴ്പ്പെടാതിരിക്കുന്നു ജന്മാന്തര ആരംഭക എന്ന ബോധ അതുകൊണ്ട് തന്നെ എന്താണോ ഇതൊന്നും ഇനിയൊരു ജന്മത്തിന് കാരണമായി തരുന്നില്ല അസ്യാല് ഉപനിഷത്ത് സർവാഭ്യോ വിദ്യാഭ്യ പരമരഹസ്യം ദർശിതം എന്നിങ്ങനെ ഇവിടെ ഈ വലിയിൽ ബ്രഹ്മവിദ്യ ഉപനിഷത്ത് സർവവിദ്യകളിലും വെച്ച് പരമരഹസ്യമായിരിക്കുന്നത് രഹസ്യം പല ഗുണം വന്നിട്ടുള്ള ശബ്ദമാണ് രഹസ്യം പറയുക എന്ന് പറഞ്ഞാൽ ഇവിടെ അടക്കം പറയുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ രഹസ്യം പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന പരദൂഷണം പറയുന്നതന്നെയാണ് അതുമല്ല രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് രഹസ്യം ഏകാന്തെ ഭവം അതാണ് രഹസ്യം ഏകാന്തത്തിൽ സംഭവിക്കുന്നത് ഏകാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഏകമായ അന്തം അവസാനം അന്തക്കരണത്തിൻ്റെ ആ ഏകമായ അന്തത്തിൽ അവിടെ സംഭവിക്കുന്നതാണ് അതാണ് ഏകാന്തം അവിടെ സംഭവിക്കുന്നതാണ് ഈ വിദ്യ അതുകൊണ്ട് തന്നെ രഹസ്യം എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഏകമായിരിക്കുന്ന എന്താണ് ആത്മാവ് ബാക്കിയെല്ലാം നാനം ഇവിടെ ഏകാന്തതയില്ല ആത്മാവിൽ മനസ്സേകാന്തമാകുന്നു അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നത് അങ്ങനെയാണ് മനസ്സിൽ സംഭവിക്കുന്ന വിദ്യ ആത്മവിദ്യ അതിവിടെ ദർശിതം പരം ശ്രേയോ അസ്യാം നിഷണ്ണം ഇതിനാണ് പരമുമായ ശ്രേയസ് അതിന് ജ്ഞാനമെന്നും മുക്തിയെന്നും പറയും ഇവിടെ ജ്ഞാനവും മുക്തിയും രണ്ട് രണ്ടല്ല ഈ ചർച്ചയിൽ രണ്ടല്ല ചിലടത്ത് പറയും ജ്ഞാനം നേടണം ജ്ഞാനം നേടിയിട്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കണം ജീവൻ മുക്തി അതിനുവേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളിൽ നിർദ്ദേശിക്കും അതും ഒരു വഴിയാണ് അതും ഒരു പ്രക്രിയയാണ് ജ്ഞാനം നേടിയിട്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുക മനോനാശം വാസനാക്ഷയം ഇതൊക്കെ പരിശ്രമിച്ച് നേരിടുക അല്ല ജ്ഞാനം തന്നെ മുക്തി അങ്ങനെ ഗ്രഹിക്കണം ജ്ഞാനത്തിൽ മനസ്സും വാസനയും സർവവും ഇവിടെ പറഞ്ഞല്ലോ പുണ്യപാപങ്ങളിലെല്ലാം പരമാത്മഭാവത്തിലാണെങ്കിൽ അതൊന്നും അവനെ ബന്ധിക്കുന്നില്ലെങ്കിൽ അവൻ അതിനെല്ലാം അതീതനാണെങ്കിൽ അവിടെ അത് തന്നെ മുക്തി പിന്നെ വേറൊരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല വെളിച്ചം കൊണ്ടുവന്നിട്ട് പിന്നെ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തേണ്ട ആവശ്യമുണ്ട് ആ വെളിച്ചത്തിന്റെ പോരായ്മയിൽ നമ്മൾ എന്തു ചെയ്യുന്നു ഇരുട്ടിണ മാറ്റാൻ പരിശ്രമിക്കും വെളിച്ചത്തിന്റെ പൂർണ്ണതയിൽ അതിന്റെ ആവശ്യം ഒരു ലൈറ്റിട്ട് പ്രകാശം പോരാ മറ്റൊരു ലൈറ്റിലൂടെ ഇരും അതാണ് വാസനാക്ഷയത്തിനും മനോനാശത്തിനും വേണ്ടിയുള്ള പ്രവൃത്തികളെന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം പക്ഷെ ആ മെയിൻ ലൈറ്റാണ് ഇട്ടിരിക്കുന്ന പിന്നെ മറ്റു ലൈറ്റുകളുടെ ആവശ്യമുണ്ട് അത് ഇരുളിനെ നശിപ്പിക്കും അക്കാര്യമാണ് ഇവിടെ ഭാഷകാലം പറയുന്നത് തത്വജ്ഞാനത്തിൽ ഭയമില്ലാതാവുന്നു തത്വജ്ഞാനത്തിൽ പാപപുണ്യങ്ങളില്ലാതാവുന്നു തത്വജ്ഞാനത്തിൽ സുഖദുഖങ്ങളിൽ നിന്നും അവൻ മുക്തനായിത്തീരുന്നു പിന്നെ മറ്റൊന്നിന്റെ ആവശ്യം അവിടെ ശേഷിക്കുന്നില്ല അടുത്തത് തൃതീയ ഭൃഗുവല്ലി ശാന്തിമന്ത്രങ്ങൾ ആദ്യം അവസാനം കൊണ്ട് അടുത്ത മന്ത്രം പറയുന്നു ഭൃഗു വൈവാരുണി വരുണം ഉപസസാര അധീഭി തസ്മാ എതോവാച അന്നാണം ചക്ഷുശ്രോത്രം മനോവാചമ യോ വൂതന്തി പ്രയന്തി അഭിസംവിശതി തദ്ജിജാസസ്വ ത സ്പപോ അതപ്യത സപസ്തം ബ്രമേതിജാ भूतानि अन्नेन जातानि അന്നെ വഖ്യമാനി ഭൂതന്തി അന്നാവത്തി അനം അഭിസംവിശന്തീതി തദ്വിജാ उपससारा, പര ഉപസസാര അധിഭവ്രമേരീ തം ഉച തപസ ബ്രഹ്മവിജിജാസ തേതി സപോ അതപ്യത സ തപ്രാണോ ബ്രേതി വ്യജാദ്യവല് ഭൂതന്തി ജീവന്തിണം പ്രയന്ത്ഭിസംവിശന്തീതി തദ്യ പുനരേ വരുണം വിതര മുാരി ഭഗവോ ബ്രഹ്മീ സംഹോ തപസ ബ്രഹ്മവിജിജാസ തേ സപോ അതപ്യത സപസ്ത കുറച്ചുപേരുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ നാലഞ്ചു പേരുടെ ശബ്ദമല്ലേ കേൾക്കുന്നുള്ളു ഉം മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞേക്കു എല്ലാരും ഒരുമിച്ച് വിളിച്ചേ മനസ്സോ ഹല്യുമാനുഭൂതാനു ജായന്തി മനസ്സാജാത്താന് ജീവന്തി മനപ്രയന്തി അഭിസംബിസന്തി വർണം പിതരമുസാര അധിഭവോ ബ്രഹ്മ തംഹോവാച തപസ്സ്രഹിജാസസ്വ തീ സോ അതപ്യത സപസ്ത വിജ്ഞാനം ബ്രഹ്മതി വജാ വിജ്ഞാദ്വല്ുമാനി ഭൂത ജാൻ വിജ്ഞാന ജാതീവി വിജ്ഞാനം പ്രിയന്യ സംവിശന്തീരി തദ്വിനര വർണ്ണം പതരമുപസാര അതിഭ്രമേരി സംഹോവാച തപസ ബ്രഹ്മവിജിജ്ഞാസസ്വ തീ സപോതപ്യത തപസ്തന്ദോബ്രേ ദിവനന്ദദ്ധ്യവല് ഭൂതന്തി ആനന്ദന ജാതീ യന്തി അഭിസംബിസന്തിയും ഭാഗം ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുടർന്ന് വായിച്ചത് അത് ചിലർക്കിഷ്ടപ്പെട്ടില്ല അവരില്ല ദക്ഷിണാമൂർത്തിയെ കുറിച്ച് പറഞ്ഞതുപോലെ മൗനം പാലിച്ചാണ് ജ്ഞാനികളായി ഇതിന്റെ ആമുഖമായിട്ട് ഭാഷകാലം പറയുന്നു സത്യജ്ഞാനം അനന്തം ബ്രഹ്മ ആകാശാദി കാര്യം അന്നമയാന്തം സൃഷ്ട്രവിലക്ഷണം അദൃശ്യമേ ആനന്ദം കുറച്ച് ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട് അത് മനഃപൂർവ്വം വിട്ടതാണ് കാരണം അതെന്താണെന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല എന്താ എഴുതിയിരിക്കുന്നത് ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്ന കേട്ടിട്ടുണ്ട് എനിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ആ ഭാഗം ഞാനങ്ങ് വിട്ടു അറിയാൻ വയ്യാത്തത് പറഞ്ഞുകൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ വേറെ ആരെയെങ്കിലും കണ്ടുപിടിക്കണം അതിലെന്തോ രഹസ്യം കാണും സത്യം ജാനമനന്ദം ബ്രഹ്മ ആകാശാതികാര്യം അന്നമയാതം സൃഷ്ടസ്മാർവിലക്ഷണം അദൃശ്യമേന്ദം അവശ്യ ശുഭാശുഭേ കർമ്മി ജന്മാന്തരാരംഭകേം ആനന്ദവല്യാം വിവക്ഷിതോ അർത്ഥ ഇപ്പോ പറയാൻ പോയാൽ ഇവിടെ അവസാനിക്കില്ല അതുകൊണ്ട് തൽക്കാലം നിർത്താം ാന്തി ശാന്തി ശാന്തി